ം പതിനൊന്ന് പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും കൂടെ തന്റെ ചേവകരെയും എല്ലാ ഇസ്രയേലിനെയും അയച്ചു അവർ അമോന്യദേശം ശൂന്യമാക്കി രബ പട്ടണം നിരോധിച്ചു ദാവിദോ യെരുഷലമിൽ തന്നെ താമസിച്ചിരുന്നു ഒരു സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു ആ സ്ത്രീ അതിസുന്ദരി ആയിരുന്നു ദാവീത് ആളയച്ച് ആ സ്ത്രീയെപ്പറ്റി അന്വേഷിപ്പിച്ചു അവൾ എലിയാമിന്റെ മകളും ഹിത്യനായ ഊര്യാവിന്റെ ഭാര്യയുമായ എന്ന് അറിഞ്ഞു ദീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി അവൾ അവന്റെ അടുക്കൽ വന്നു അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നതുകൊണ്ട് അവൻ അവളോടുകൂടെ ശയിിച്ചു അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ആ സ്ത്രീ ഗർഭം ധരിച്ചു താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ദാവീദന് വർത്തമാനം അയച്ചു അപ്പോൾ ദാവീദ് ഹിത്യനായ ഊരിയവെ തന്റെ അടുക്കൽ അയപ്പാൻ യോവാബിന് കൽപ്പനയച്ചു ഊര്യാവ് തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ്നോട് യോവാബിന്റെയും പാടജനത്തിന്റെയും സുഖവർത്തമാനവും യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചു പിന്നെ ദാവീദ് ഊര്യാവോട് നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്നു പറഞ്ഞു ഊര്യാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു ഊര്യാവോ തന്റെ വീട്ടിൽ പോകാതെ യജമാനന്റെ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതുക്കൽ കിടന്നുറങ്ങി ഊര്യാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊര്യാവിനോട് നീ യാത്രയിൽ നിന്ന് വന്നവനല്ലെയോ നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്തെന്ന് ചോദിച്ചു ഊര്യാവ് ദാവീദിനോട് പെട്ടകവും ഇസ്രയേലും യഹൂദയും കൂടാരങ്ങളിൽ വസിക്കുന്നു എന്റെ യജമാനനായ യോവാബും യജമാനന്റെ ഭൃത്യന്മാരും വെളിംപ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും എന്റെ വീട്ടിൽ കിടക്കുമോ നിന്നാണേ നിന്റെ ജീവനാണെ അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് ഊര്യാവിനോട് ും ഇവിടെ താമസിക്കാം നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കും എന്നു പറഞ്ഞു അങ്ങനെ ഉരിയാവ അന്നും എരുഷലേമിൽ താമസിച്ചു പിറ്റേ നാൾ ദാവീദ്വനെ വിളിച്ചു അവൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്തു അവനവനെ ലഹരി പിടിപ്പിച്ചു എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധിക്ക് യജമാനന്റെ കൂടെ തന്റെ വിരിപ്പിൽ കിടന്നു രാവിലെ ദാവീദ് യോവാബിന് ഒരു എഴുത്ത് എഴുതി ഊര്യാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു എഴുത്തിൽ പട കഠിനമായിരിക്കുന്നിടത്ത് ഊര്യാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവീൻ എന്നെഴുതിയിരുന്നു അങ്ങനെ തന്നെ യോവാബ് പട്ടണത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് ശൂരന്മാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഊരിയാവെ നിർത്തി പട്ടണക്കാർ പുറപ്പെട്ടു യോവാബിനോട് പടവിട്ടിയപ്പോൾ ദാവീദിന്റെ ചേവകരായ പടജനത്തിൽ ചിലർ പട്ടുപോയി ഹിത്യനായ ഊരിയാവും മരിച്ചു പിന്നെ യോവാബ് ആ യുദ്ധവർത്തമാനമൊക്കെയും ദാവീദിനോടറിയിപ്പാൻ ആളയച്ചു അവൻ ദൂതനോട് കൽപ്പിച്ചത് എന്തെന്നാൽ നീ യുദ്ധവർത്തമാനമൊക്കെയും രാജാവിനോട് പറഞ്ഞു തീരുമ്പോൾ രാജാവിന്റെ കോപം ജ്വലിച്ചു നിങ്ങൾ പട്ടണത്തോട് ഇത്ര അടുത്തു ചെന്ന് പടവിട്ടിയതെന്ത് മതിലിന്മേൽ നിന്ന് അവർ എയ്യുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെയോ എരുബേഷ്യത്തിന്റെ മകനായ അഭിമേലേക്കിനെ കൊന്നത് ഒരു സ്ത്രീ മതിലിന്മേൽ നിന്ന് തിരിക്കല്ലിൻ പിള്ള അവന്റെ മേൽ ഇട്ടതുകൊണ്ടല്ലയോ അവൻ തേബസിൽ വെച്ച് മരിച്ചത് നിങ്ങൾ മതിലിനോട് ഇത്ര അടുത്ത് ചെന്നത് എന്ത് എന്നിങ്ങനെ നിന്നോട് പറഞ്ഞാൽ നിന്റെ ഭൃത്യൻ ഹിത്യനായ ഊരിയാവും മരിച്ചുപോയി എന്ന് പറകാം ദൂതൻ ചെന്ന് യോവാപ്പ് പറഞ്ഞയച്ച വർത്തമാനമൊക്കെയും ദാവീദിനെ അറിയിച്ചു ദൂതൻ ദാവീദിനോട് പറഞ്ഞതെന്തെന്നാൽ ആ കൂട്ടർ പ്രാബല്യം പ്രാപിച്ചു വെളിംപ്രദേശത്ത് ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാതുക്കളോളം അവരെ പിന്തുടർന്നടുത്തുപോയി അപ്പോൾ വില്ലാളികൾ മതിലിന്മേൽ നിന്ന് നിന്റെ ചേവകരെ എഴുതു രാജാവിന്റെ ചേവകരിൽ ചിലർ പട്ടുപോയി നിന്റെ ഭൃത്യൻ കിത്യനായ ഊര്യാവും മരിച്ചു അതിന് ദാവിയത് ദൂതനോട് ഈ കാര്യത്തിൽ വ്യസനം തോന്നരുത് വാൾ അങ്ങും ഇങ്ങും നാശം ചെയ്യും പട്ടണത്തിന്റെ നേരെ ശക്തിയോടെ പൊരുതി അതിനെ നശിപ്പിച്ചു കള്ളക എന്ന് നീ യോ അബിനോട് പറഞ്ഞു അവനെ ധൈര്യപ്പെടുത്തണമെന്ന് കൽപ്പിച്ചു ഊര്യാവിന്റെ ഭാര്യ തന്റെ ഭർത്താവായ ഊര്യാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെക്കുറിച്ച് വിലപിച്ചു വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീത് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി അവളവന്റെ ഭാര്യയായി അവന് ഒരു മകനെ പ്രസവിച്ചു എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു